അല്ലെങ്കിൽ നിനക്ക് സ്വർണത്തിന്റെ ഒരു കൊട്ടാരമുണ്ടാകണം അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറണം നീ ഞങ്ങളുടെ മേൽ വായിച്ചു കേൾപ്പിക്കാൻ ഒരു ഗ്രന്ഥം ഇറക്കിത്തരുന്നതുവരെ നിന്റെ ആകാശാരോഹണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല പറയുക എന്റെ രക്ഷിതാവ് പരിശുദ്ധനാണ് ഒരു ദൂതനായ മനുഷ്യനല്ലാതെ ഞാനായിരുന്നോ